to the side. ഗുരുപരമ്പോം ദർശനമി വ്യക്തി ഭൂതംഭവ്യം തദപ്യ ജാഗരിതസ്ഥാനോനവിശതിമുഖസ്തുലഭു വൈശ്വാനര പ്രഥമ പദ ോനുഖ്യോ എത്രമം കാമയ കപനം പശ്യം സുപ്തസ്ഥാനീഭൂത പ്രജ്ഞാനഘനൈവാനന്ദമയൂഹ്യാനന്ദമുചേദോമുഖപ്രജ്ഞസ്തൃതീയ പദ േദ പ്രധനം നവ്യോഹ്യം അഗ്രാഹ്യം അലക്ഷണം അചിന്യം ശ്യമേകാത്മ പ്രത്യസാരം പ്രപഞ്ചോപം ശിവൈതം ചതുർത്ഥം മലിനേ സാത്മാേയ ജഗരിതോ വൈശ്വാൻ അപാര പ്രഥമ മാത്രമത്മാ ആത്മോദിഹ വൈ സർവാൻ കാപ്രനസ് ഉപകാരോ ദ്ധയാ മാത്ര ഉത്കർഷാ ഉഭയത് ഉത്കർഷ രഹ വൈ ജനസുന്ദരി സഹവിയ സുഷുക്തസ്ഥാനാമീമാത്രീർവാ മനോദിഹ വർ ആത്മാനേദ അല്ലാതെ ശാന്തി പ്രകടനത്തിൽ നാൽപ്പത്തി ഒൻപതാമത്തെ കാര്യങ്ങൾ വൈ ഭസാന്യോഭുവാ തോന്യത്ര ക്രാസ കൂിദാഗ്യ алаதே નિવ ભવಂತಿ જી ન અન્યતો ભવ નજતસ્માદ નિસ્પンダદ алаદાદ અન્યત્ર નિર્ગતાહ નજ નિસ્પંદમ алаદ મેવ પ્રવિશન્તિતે വിജ്ഞാനത്തിന്റെ സ്പന്ദനമാണ് സർവം എന്നാണ് മുമ്പ് ചർച്ച ചെയ്ത് വിജ്ഞാനത്തിന്റെ സ്പന്ദനമായി അനുഭവപ്പെടുന്നത് വിജ്ഞാനത്തിൽ നിന്ന് പുതുതായി ഉണ്ടായതെല്ലാം പക്ഷെ അനുഭവങ്ങൾ ഉണ്ടായി മാറി വരുന്നത് വരുന്നുണ്ട് പ്രദക്ഷണം അതുകൊണ്ടാണ് സൃഷ്ടി സ്ഥിതി സംഹാരം ഇതിന്റെ പ്രതീതി ഉണ്ടാകുന്നത് ഇത് വിജ്ഞാനത്തിൽ നിന്നും ഉണ്ടാകുന്നതാണോ വിജ്ഞാനം ത്തിലേക്ക് മറ്റെവിടെ എന്തെങ്കിലും കടന്നു വരുന്നതാണോ അങ്ങനെയൊന്നുമല്ല എന്നാണ് ഇവിടെ പറയുന്നത് അങ്ങനെ ദൃഷ്ടാന്തത്തിലൂടെ വ്യക്തമാക്കുന്നു തീക്കുള്ളി ചുഴറ്റുമ്പോൾ അതി വരുന്ന വൃത്തം അത് പുറത്തെവിടെ നിന്ന് അതിലേക്ക് വരുന്നില്ല നിശ്ചലമാകുമ്പോൾ അതൊന്ന് പുറത്തേക്കൊന്നും പോകുന്നില്ല വിടെ കേവലം അഗ്നിഗണം മാത്രമേ ഉള്ളൂ അതുപോലെ ഇവിടെ വിജ്ഞാനം മാത്രമേ ഉള്ളൂ ഏകമായിരിക്കുന്ന വിജ്ഞാനത്തിൽ ഇതെല്ലാം ഇങ്ങനെ സംഭവിക്കുന്നു നാമരൂപങ്ങളും എല്ലാം പറയുന്നത് ആഭാസം ചില ഒരു പ്രതീതി വിജ്ഞാനത്തിന്റെ തന്നെ പലതരത്തിലുള്ള സ്ഫുരണങ്ങൾ അത് എങ്ങനെ സംഭവിക്കുന്നു പരമാർത്ഥത്തിൽ അങ്ങനെയൊന്നും ഇല്ലെങ്കിലും സംഭവിക്കുന്നു അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അലാധ നിഷ്ഠാന് പറഞ്ഞത് അലാതത്തിൽ എങ്ങനെ സംഭവിക്കുന്നു ഒരു സമാധാനമുള്ള എന്താണ് ഒരു പ്രതീതി ഒരു തോന്നൽ അതിൽ കവിഞ്ഞ അവിടെയൊന്നും സംഭവിക്കുന്നു ഋജുവക്രാതി അവിടെ സംഭവിക്കുന്നില്ല പക്ഷെ എന്നാലും അനുഭവപ്പെടുന്നു വാസ്തവത്തിലില്ലാത്തതും അനുഭവപ്പെടാം അതുപോലെ തസ്വിൻ ദേവ അലാതെ സ്കന്തമാനെ ആ തീക്കളിയുടെ ചലനത്തിൽ ഋജുവക്രാതി ക്ര പ്രതീതിൽ അവിടെ എന്തോ പുതുതായി ഒരു രൂപം ഉണ്ടായിരുന്നു തോന്നൽ ആ വെളിച്ചത്തിൽ നിന്ന് കൂടുതലായി വെളിച്ചത്തിൽ തന്നെ രൂപങ്ങൾ ഉണ്ടാകുന്ന തോന്നുന്നത് അതെന്താണ് ആഭാസ കേവലൊരു പ്രതീതി മാത്രമാണ് അല്ലാതാത് അന്യത പുതസ്റ്റിത് ആഗത്യ അലാതെ നൈവന്തി അതവിടെ ആ അഗ്നി കണത്തിൽ നിന്നും മാറി പുറത്തെവിടെ നിന്നെങ്കിലും വന്ന് അതിൽ നമ്മൾ കാണുന്നതല്ല പുതശ്ചിതാഗത്യ ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്ന് വന്നിട്ട് തീക്കുളിയിൽ നിന്ന് ഭിന്നമായെന്തി നിന്നെങ്കിലും വന്നിട്ട് അല്ലാതെ നൈവഭവന്തി അതിൽ അങ്ങനെ അനുഭവപ്പെടുന്നതല്ല ഉണ്ടാകുന്നതല്ല അതുകൊണ്ടെന്ത് പറഞ്ഞു ന അന്യതോ ഭ മറ്റൊന്നിൽ നിന്നും സംഭവിച്ചതല്ല അന്യത്തിൽ നിന്നും സംഭവിച്ചതല്ല ഇവിടെ വിജ്ഞാനത്തിൽ നിന്നും അന്യമായ ഏതെങ്കിലും ഒന്നിൽ നിന്നും സംഭവിച്ചതല്ല ഈ അനുഭവങ്ങൾ ഈ പ്രപഞ്ചപ്രതീതി വിജ്ഞാനം തന്നെയാണ് നജത്തസ്മാത് നിസ്കന്ദാദ് അലാതാത് അന്യത്ര നിർഗതാഹ അതുപോലെ അത് നിശ്ചലമായപ്പോ നിസ് ആഹ്ലാദം നിശ്ചലമായപ്പോ അതിൽ നിന്നും അന്യത്തിന് നിർഗതാഹ മറ്റെവിടേക്കും പോയതുമില്ല പുതുതായി വന്നാലേ അതിൽ നിന്ന് പോകാൻ കഴിയും ഒന്നും വന്നതല്ല പ്രപഞ്ചം സൃഷ്ടിച്ചതല്ല മറ്റെന്തിനാണെങ്കിലും സൃഷ്ടിക്കപ്പെട്ടതല്ല സംസാരം അങ്ങനെ ഉണ്ടായതല്ല അതുകൊണ്ട് ബന്ധനം അത് വന്നുചേർന്നതല്ല ഏതെങ്കിലും തരത്തിൽ പരമാർത്ഥത്തിൽ അങ്ങനെ ഒരു ബന്ധനം ഈ ജീവന് സംഭവിച്ചിട്ടില്ല ഇതവസാനിക്കുന്നു മോക്ഷം നേടുന്നു ബന്ധനത്തിൽ നിന്ന് മുക്തനായിത്തീരുന്നു അങ്ങനെ ഒന്നും സംഭവിക്കുന്നില്ല അങ്ങനെ അന്യത്ര നിർഗദാഹ ഇത് മറ്റൊരിടത്തേക്കും പോകുന്നില്ല അലാദത്തിൽ ഈ രൂപങ്ങൾ കാണുന്നത് പോലെ സംസാരം ബന്ധം മോക്ഷം ഇതെല്ലാം കേവല പ്രതീതി മാത്രമാണ് ഭ്രാന്തി മാത്രമാണ് ഓരോരനുഭവം ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു അനുഭവം ഉള്ളവനെ സംബന്ധിച്ചിടത്തോളം അയാളെന്ത് ചെയ്യുന്നു ബന്ധത്തിൽ ഭ്രമിക്കുന്നു ബന്ധമുണ്ടെന്ന് ഭ്രമിക്കുന്നു ചിലരെന്ത് ചെയ്യുന്നു മോക്ഷത്തിൽ ഭ്രമിക്കുന്നു മുക്തനായി എന്ന് ഭ്രമിക്കുന്നു അതാണിവിടെ പറഞ്ഞു വരുന്നതിന്റെ താത്ത് അങ്ങനെ ആർക്കെങ്കിലും ഒരു അനുഭവം ഉണ്ടായാൽ എന്താണ് ഞാൻ ഈ സംസ്കാരത്തിൽ നിന്നും മുക്തനായി അങ്ങനെ ഒരു അനുഭവം ഉണ്ടായാൽ ഏതുപോലെയാണ് അലാദത്തിൽ നിന്നും ഈർജുവക്രാദി ആകാരങ്ങൾ മാറിപ്പോയി എന്ന് കരുതുന്ന ആ പ്രതീതിക്കുള്ള വിലയേ ഉള്ളൂ മോക്ഷഭ്രമത്തിന് അത് ബന്ധന ഭ്രമം പോലാണ് മുക്തിഭ്രമം അതിനുവേണ്ടിയിട്ടാണ് ഇവിടെ അജാതിയെക്കുറിച്ച് പറയുന്നത് ഏതെങ്കിലും തരുന്നതിലൊരു സൃഷ്ടി സംഭവിച്ചാൽ ആ സൃഷ്ടി ബന്ധിക്കും ആ ബന്ധനത്തിൽ നിന്ന് മോചനവും ആവശ്യമായിട്ട് വരും ഇവിടെ അത് അംഗീകരിക്കുന്നില്ല കേവലമായ പ്രതീതിക്കപ്പുറം മറ്റൊന്നും തന്നെ ഇവിടെ സംഭവിക്കുന്നുണ്ടോ ആ പ്രതീതി എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ അനു പ്രതീതിക്കപ്പുറം ഒരു നിലയുമില്ല എന്തു തന്നെ ആവട്ടെ എന്ന് പറഞ്ഞാൽ ആ പ്രതീതി ഇനി ബന്ധനത്തെക്കുറിച്ചാവട്ടെ അനുബന്ധിച്ചിരിക്കുന്നു അതും കേവലം പ്രതീതി മാത്രമേയുള്ളൂ ആ പ്രതീതി നീ മോചനത്തെക്കുറിച്ചായിക്കൊള്ളട്ടെ അത് മുക്തനായിരിക്കുന്നു അതിനും ആ പ്രതീതിയുടെ വിലയുള്ളൂ അതുകൊണ്ട് അന്യത്ര നിർഗദാഹ ഇതുവരുടെയും പോകുന്നില്ല ഒഴിഞ്ഞു പോകാനായിട്ട് ഇവിടെ ഒന്നും ഇല്ല എന്നുവച്ച നിസ്കന്ദം അലാദമേവ് പ്രവിശന്തിട്ടേ ഇനി അത് നിസ്ബന്ധമായ ആലാദത്തിലേക്ക് അത് പ്രവേശിക്കുന്നു എന്ന് കരുതാൻ നിർത്തിയില്ല അലാദം ചലനമറ്റാൽ അതിലേക്ക് അതുവരെ ഉണ്ടായിരുന്ന ആകാരങ്ങളെല്ലാം പ്രവേശിച്ചു എന്ന് പറയാനും വയ്യ അതിൽ നിന്ന് പുറത്തേക്ക് പോയെന്ന് വരെ പറയാനും വയ്യ പുറത്ത് വിടുന്നെങ്കിലും അതിലേക്ക് കടന്നു എന്ന് പറയാനും വയ്യ ഇതാണ് ബന്ധമോക്ഷങ്ങളുടെ സ്ഥിതി അത് കേവലം അജ്ഞന്റെ പ്രതീതി മാത്രമാണ് പരമാർത്ഥത്തിലുള്ളതോ വിജ്ഞാനം മാത്രം ചിത്തം മാത്രം അതാണിവിടെ പറയുന്നത് അനാദേഭാസോഭുവാ നദോന്യത്രാദം പ്രവിശന്തി തേ വി തോ അസയാവിശേഷ നിർഗത അനുദത്തെ അഭാസഗ്രഹിക്ക ദ്രുവ്യാവോ ദ്രുവ്യം തദാവോ ദ്രിവി ദ്രവിത്വഭാവയോതാവയുക് വസ്തു വസ്തുനോ പ്രവേശാതിസംഭോതി നീയാദാസ തഥാ ആഭാസ അവിശേഷത തുലയത് എന്നുവച്ച നിർഗത അലാതെ അലാധത്തിൽ നിന്ന് ആ നിർഗമിച്ചില്ല പുറത്തുപോയില്ല എന്താണ് ആ ഭാഷ ആ പ്രതീതികൾ തോന്നൽ ഇവിടെ ബാഹ്യമായി കാണുന്നത് പ്രകാശവും ഒരു പ്രതീതിയാണ് പക്ഷെ പ്രകാശത്തിൻ്റെ ഒരു ബോധം എന്താണ് അതൊരു വസ്തുവാണ് എന്നൊരു ബോധം ആണിവിടെ പറയുന്നത് ദ്രവ്യത്വ ബോധം വസ്തുവാണെന്നൊരു തോന്നൽ ആ വസ്തുവിൽ പിന്നീട് മറ്റൊരു വസ്തു കൊണ്ടെന്ന് തോന്നുന്നു അതാണ് അതിൻ്റെ രൂപങ്ങൾ ആകാരങ്ങൾ ഋചജക്രദി ആകാരം അതെല്ലാം വസ്തുക്കളാണ് ദ്രവീക ഗുണകർമ്മ രൂപത്തിൽ കാണപ്പെടുന്നു സർവവും വസ്തുക്കളാണ് പ്രധാനമായും വസ്തുക്കൾ പറയുന്ന മൂന്നാണ് ദ്രവ്യ ഗുണകർമ്മങ്ങൾ നമ്മൾക്ക് അനുഭവപ്പെടുന്ന സർവവും അപ്പം ആ ദ്രവ്യ ഗുണകർമ്മത്തിൽ കാണുന്ന അതിനെ പൊതുവെ പറയുകയാണ് ദ്രവ്യം വസ്തു എന്ന് ആ വസ്തു ആണ് പ്രകാശം ആ പ്രകാശത്തിലാണ് നമ്മൾ മറ്റൊരു വസ്തുവിനെ കാണുന്നത് അവിടെ നമ്മൾ തിരിച്ചറിയുന്നത് എന്താണ് ആ പ്രകാശം അവിടെ ഉള്ളതായിരുന്നു ഉള്ളതാണ് ഉള്ളതായിരുന്നു പക്ഷെ അവിടെ രണ്ടാമത് രൂപങ്ങൾ ഋജു വക്രാതി ആകാരങ്ങൾ അത് പ്രതീതിയാണ് ആ തിരിച്ചറിവുണ്ടാകും ഇവിടെ പറയുന്നത് എന്താണ് ആ പ്രതീതി അത് ബോധ്യപ്പെടുന്നു ഇത് ദ്രവ്യമല്ല എന്ന് ബോധ്യപ്പെടുന്നത് കൊണ്ട് അത് വസ്തുവല്ല എന്നും ബോധ്യപ്പെടുന്നു ഗൃഹാധിവ എന്താണ് വീട്ടിൽ നിന്നൊരാൾ പുറത്തു പോകുന്നു അകത്ത് വരുന്നു വീട്ടിലേക്ക് ഒരു സാധനം കൊണ്ടുവരുന്നു ഒരു വസ്തുവിനെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്നു അതുപോലെയുള്ള ഗമനാഗമനങ്ങൾ വീട്ടിലും വസ്തുവിലും നടക്കുന്നതുപോലെ ഇവിടെ ഒന്ന് വസ്തുവല്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് ഏതാണ് ആകാരങ്ങൾ പ്രകാശത്തിൽ അതൊന്നും സംഭവിക്കുന്നില്ല ദ്രവ്യത്വ അഭാവ യോഗത തത് അഭാവോ ദ്രവ്യത്വഭാവം അത് വസ്തുവല്ല അതിൽ വസ്തുത്വമില്ല ദ്രവ്യത്വ അഭാവയോഗ്യത ദ്രവ്യത്വഭാവയുക്തേ അതിൽ വസ്തുത്വമില്ല വസ്തുത്വഭാവ ഇത് പുറമേ സംഭവിക്കുന്നതിന് പക്ഷേ വിജ്ഞാനത്തിൽ സംഭവിക്കുന്നു വിജ്ഞാനത്തിൽ ദ്രവ്യ ഗുണകർമ്മ രൂപത്തിലുള്ള വസ്തുക്കളെല്ലാം വിജ്ഞാനം തന്നെ പ്രകാശിപ്പിക്കുന്നു അവിടെ മറ്റൊന്നുമില്ല എന്നിട്ടതിൽ എന്നെ ആരോപിക്കുന്നു എന്തിനെയൊക്കെയാണോ അവിടെ പ്രകാശിപ്പിക്കുന്നത് അതിനെല്ലാം വസ്തുഭാവത്തെ ആരോപിക്കുന്നു വാസ്തവത്തിൽ അതിൽ വസ്തുത്വമില്ല വസ്തുത്വമല്ലെങ്കിലും വസ്തുഭാവത്തെ അവിടെ ആരോപിക്കുന്നു ദ്രവ്യത്വഭാവയോഗ്യത ദ്രവീത്വഭാവയുക്തി വസ്തുത്വഭാവ വാസ്തവത്തിൽ അവിടെ വസ്തുത്വം ഇല്ലെങ്കിലും അങ്ങനെ പദാർത്ഥ ബോധത്തെ ഉണ്ടാക്കുന്നു പറയെന്താണിത് മനസ്സിന്റെ സ്പന്ദനം മാത്രമാണ് എന്ന് പറയും അടുത്ത കാര്യമൊക്കെ പറയും ചിത്തസ്പന്ദനം മാത്രമാണ് വിജ്ഞാനത്തിൻ്റെ സ്പന്ദനം മാത്രമാണ് ആ സ്പന്ദനത്തിൽ വസ്തുഭാവം വരുന്നു വസ്തുത്വത്തെ അവിടെ കൽപ്പിക്കുന്നു സഹജമായി കൽപ്പിക്കുന്നു വസ്തുത്വത്തെ കൽപ്പിക്കുമ്പോൾ അതിനെന്ത് വരുന്നു ഖനമാനങ്ങളെല്ലാം വരുന്നു പദാർത്ഥ ബോധം വരുന്നു അത് വന്നു കഴിയുമ്പോൾ ഇവിടെ പ്രവേശ നിർഗമനങ്ങളെല്ലാം സംഭവിക്കുന്നു നമ്മൾ വീട്ടിനകത്തിരിക്കുന്നു പുറത്തേക്ക് പോകുന്നു ശരീരം പ്രവേശിക്കുന്നു ശരീരം കടന്നു വസ്തുനോ ഹി പ്രവേശാവിതല്ല വസ്തുന വസ്തു അല്ലെങ്കിൽ സംഭവിക്കില്ല ഉദാഹരണം അലാദത്തിലെ രേഖകൾ തന്നെ അത് വസ്തുവല്ലാതുകൊണ്ട് അവിടെ സംഭവിക്കുന്നില്ല അത് കടന്നു വരുന്നില്ല കടന്നു പോകുന്നുമില്ല പക്ഷെ അങ്ങനെ തോന്നുന്നു കടന്നു വരുന്നതായും കടന്നു പോകുന്നതായിട്ട് എന്താണ് അതിൽ വസ്തു കൽപ്പനുള്ള അതൊരു ഭാവനയാണ് ഒരു പ്രതീതിയാണ് ആഭാസങ്ങൾ ആഭാസം ഉള്ളിടത്ത് കടന്നു വരുന്നതായും കടന്നു പോകുന്നതായിട്ടൊക്കെ അനുഭവപ്പെടും അതൊക്കെ അനുഭവമാണ് അതുപോലെ വിജ്ഞാനത്തിനും അത്തരം അനുഭവങ്ങളുണ്ട് അനുഭവത്തിൽ നിഷേധിക്കുകയല്ല ചെയ്യുന്നത് അപ്പോൾ വസ്തുവിനെ നിഷേധിച്ചു കഴിഞ്ഞാൽ കേവലം വിജ്ഞാനം മാത്രമേ ഉള്ളൂ വസ്തു ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ കാരണം ഈ പ്രപഞ്ചത്തിലെ വസ്തുബോധത്തെ ആശ്രയിച്ചിട്ടാണ് സർവവ്യവഹാരങ്ങളും നടക്കുന്നത് ഈ ശരീരത്തെ ആശ്രയിച്ചുള്ള സർവവ്യവഹാരങ്ങളും നടക്കുന്നു ചലന വ്യാപാരങ്ങൾ തുടങ്ങി സർവവും നടക്കുന്നു ഈ വസ്തുവിനെ ആശ്രയിച്ചിട്ടാണ് അപ്പോ ഇവിടെ വസ്തു നിഷേധിക്കുകയാണ് വസ്തുത്വഭാവ എന്ന് പറയുക അത് കേവലം ഒരു അലാധ ദൃഷ്ടാന്തത്തിലൂടെ മനസ്സിലാക്കി തരാൻ ശ്രമിക്കുകയാണ് അലാധ ദൃഷ്ടാന്തത്തിൽ അത് കാരണം അവിടെ ഒരു വസ്തുബോധം അനുഭവപ്പെടുന്നു പിന്നെ അതില്ലാതാകും രണ്ടും സംഭവിക്കുന്നുണ്ട് ഇവിടെ വസ്തുബോധം തുടർന്നുകൊണ്ടേയിരിക്കുന്നു അതില്ലാതാകുന്നില്ല അതുകൊണ്ട് ഇവിടെ അത് മനസ്സിലാക്കാൻ പ്രയാസമാണ് പ്രപഞ്ച അനുഭവത്തിൽ ഇവിടെ വസ്തുബോധം തുടർന്ന് തന്നെ നിൽക്കുന്നു അതില്ലാതാകുന്ന അനുഭവമില്ല ഇല്ലാതാകുന്ന അനുഭവം ഉണ്ടാകുന്നുണ്ട് പക്ഷെ അത് മനനം ചെയ്ത് മനസ്സിലാക്കേണ്ടി വരുന്നു സത്യമല്ലാ സ്വപ്നവും സുഷുപ്തിയുമെല്ലാം മനനം ചെയ്ത് അത് ബോധ്യപ്പെടുന്നു അതുവരെ അത് ബോധ്യപ്പെടുന്നില്ല കാരണം ഇതിൽ കേവലം വസ്തുബോധം മാത്രമല്ല ആ വസ്തുബോധത്തിൽ തന്നെ സ്ഥായിത്വം ദൃഢത നൈരന്തര്യം തുടങ്ങിയ കാര്യങ്ങൾ തന്നെ അനുഭവപ്പെടുന്നുണ്ട് പക്ഷെ ഇത് എല്ലാം കൂടി ചേർന്നാണ് പ്രതീതി എന്ന് പറയുന്നത് അതിനെ പ്രതീതിയായി കാണുന്നവന് എന്താണ് വിജ്ഞാനേവി ജാത്യാദി അഭാസ പലതരത്തിലുള്ള ധർമ്മങ്ങൾ ജാതിധർമ്മങ്ങൾ ഒരു വസ്തുവിന്റെ അനുശൂതതയെ കാണിക്കുന്ന അതിന്റെ സവിശേഷത അതാണ് ജാതി ധർമ്മം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള അനേക ധർമ്മങ്ങളോടുകൂടി കാണണം കാലദേശങ്ങളുമായി ബന്ധപ്പെട്ട് കാണണം ഈ ധർമ്മങ്ങളെല്ലാം തന്നെ കേവലം ആഭാസ പ്രതീതി മാത്രമാണ് തഥേവ സ്യോ ആലാദത്തിൽ കണ്ടതുപോലെ തന്നെ എന്നും മനനം ചെയ്താൽ മനസ്സിലാക്കും ആഭാസ അവിശേഷത തുല്യ രണ്ടും പ്രതീതി മാത്രമാണ് രണ്ടും പ്രതീതി മാത്രമാണെന്ന് പറയുന്നതിന് എന്താണ് കാരണം വളരെ ലളിതമായ കാരണം ആകാരങ്ങൾ എവിടെ കണ്ടു കാണുന്നവന്റെ വിജ്ഞാനത്തിലാണ് കണ്ടത് അവിടെയാണ് ഇതൊക്കെ സംഭവിച്ചത് അലാദത്തിലല്ല സ്വന്തം വിജ്ഞാനത്തിൽ ഏത് വിജ്ഞാനമാണോ അതിനെ കണ്ടോ അവിടെ പ്രപഞ്ചം എവിടെ അനുഭവപ്പെടുന്നു അതെങ്ങനെയായാലും ശരി സ്ഥായിട്ടായാലും ശരി അസ്ഥിരമാണെന്ന് പറഞ്ഞാലും ഇതിവിടെ അനുഭവപ്പെടുന്നു വിജ്ഞാനത്തിൽ ഇത് രണ്ടും ഒരേ സ്ഥാനത്തിൽ അനുഭവപ്പെടുന്നുകൊണ്ടാണ് പറയുന്നത് ഇതും അതും രണ്ടും പ്രതീതിയാണ് എന്ന് പറയുന്നത് വിജ്ഞാനത്തിലല്ലാതെ പ്രപഞ്ചാനുഭവം ആർക്കെങ്കിലും ഉണ്ടോ ചാർവാകനമല്ല ഇതെല്ലാം സത്യമാണെന്ന് പറയുന്നവൻ കാണുന്നതെല്ലാം സത്യമാണെന്ന് പറയുന്നവനാണ് ചാർവാകനം അവന്റെ അനുഭവം എവിടെയാണ് സ്വന്തം വിജ്ഞാനത്തിൽ തന്നെ അതല്ലാതെ ഒരനുഭവ നിലയില്ല ആർക്കും വിജ്ഞാനത്തിൽ ആണിത് പ്രതീതമാകുന്നതെങ്കിൽ വിജ്ഞാനത്തിൽ തന്നെയാണ് അല്ലാതെ ചക്രവും പ്രതീതമായതെങ്കിൽ രണ്ടിന്റെ ആധാരം ഒന്നായി വിജ്ഞാനം ഒന്ന് കേവലം ആഭാസമാണ് പ്രതീതിയാണെന്ന് തൽക്കാലം ബോധ്യപ്പെട്ടെങ്കിൽ മറ്റേതും സ്ഥായിയായി സ്ഥിരമായി അനുഭവപ്പെടുന്ന ഈ പ്രപഞ്ചവും ഇവിടുത്തെ ബന്ധമോക്ഷങ്ങളും ഇതുപോലെ പ്രതീതിയാണെന്ന് ബോധ്യപ്പെടാം എന്തുകൊണ്ട് ഇവിടെയും വിജ്ഞാനം തന്നെയാണ് അല്ലെങ്കിൽ ഒരാൾക്ക് വിജ്ഞാനത്തിലല്ലാതെ മറ്റെവിടെയെങ്കിലും ഇതൊക്കെ അനുഭവപ്പെടണം അങ്ങനെ ഒന്നുമില്ല അനുഭവം എന്ന് പറയുമ്പോ തന്നെ അത് വിജ്ഞാനമാണ് അതുകൊണ്ടാണ് അവിടെ പറയുന്നത് വിജ്ഞാനേ ബി വിജ്ഞാനത്തിലും അവിടെയും വിജ്ഞാനമാണെങ്കിൽ ഇതും വിജ്ഞാനമാണ് വിജ്ഞാനമല്ലാതെ മറ്റൊന്നിലും ഒരു അനുഭവം നൽകുന്നില്ല നിങ്ങൾക്ക് എന്ത് സ്ഥായിയായി സ്ഥൂലമായി ദൃഢമായി നിരന്തരമായി എന്തൊക്കെ അനുഭവപ്പെട്ടുകൊണ്ടിരുന്നാലും ശരി സർവവും സ്വവിജ്ഞാനത്തിലാണ് അനുഭവപ്പെടുന്നത് അപ്പൊ ഒന്ന് സത്യവും മറ്റൊന്ന് അസത്യവും അങ്ങനെയാകും ഒന്നിന് സത്യം എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഇത് രണ്ടും അനുഭവപ്പെടുന്നു ഒരേ വിജ്ഞാനത്തിൽ അതുകൊണ്ട് ആ വിജ്ഞാനം അത് സത്യമാണ് സത്യമെന്ന് അനുഭവപ്പെടുന്നതും വിജ്ഞാനത്തിൽ തന്നെ ഭ്രാന്തി എന്നും ബോധിക്കുന്നതും വിജ്ഞാനത്തിൽ തന്നെ അതുകൊണ്ട് വിജ്ഞാനം പരമാർത്ഥം അതിന് മാത്രമേ പാരമാർത്ഥികമായ നിലയുള്ളൂ എന്ന് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ് നു പറഞ്ഞല്ലോ വ്യാവഹാരികമായി ചിന്തിക്കുമ്പോൾ ഇതിൻ്റെ സത്യത്വം ദൃഢപ്പെടും പാരമാർത്ഥികമായി ചിന്തിക്കുമ്പോൾ ഇതിൻ്റെ പ്രതീതി ദൃഢപ്പെടും ആ ചിന്തയിൽ വരുന്ന വ്യത്യാസം അത് പറയുന്നത് വിജ്ഞാനേ വിജാത്യാധ്യാഭാസ ഈ വിജ്ഞാനത്തിലും ഇവിടെ അത് എത്ര ഏത് തരത്തിലനുഭവപ്പെട്ടാലും ശരി എത്ര സത്യമായി അനുഭവപ്പെട്ടാലും ശരി അതെല്ലാം തഥൈവ ഇതിനെ നിഷേധിക്കാമായിരുന്നു എവിടെങ്കിലും ഒരാൾക്ക് ഈ ആഭാസം ഈ പ്രതീതി അനുഭവപ്പെടാതിരുന്നെങ്കിൽ അതങ്ങനെ തന്നെ സംഭവിക്കുന്നത് എന്താണ് ആഭാസം അല്ലെങ്കിൽ പ്രതീതി അനുഭവപ്പെടുന്നുണ്ട് അങ്ങനെ അനുഭവപ്പെടുന്നതുകൊണ്ട് അതും എങ്ങനെ ഒരു വസ്തുബോധത്തിൽ തന്നെ ഒരു വസ്തുബോധത്തിന് ശേഷം സ്വപ്നത്തിലേക്ക് നമ്മൾ പോണ്ട ജാഗ്രതയിൽ തന്നെ അതിനാണ് ഇവിടെ നൂറ് നൂറ് ദൃഷ്ടാന്തം പറയുന്നത് രജസർപ്പം മരുമരീകൃത് തുടങ്ങി നിരവധി ഉദാഹരണങ്ങൾ പറയുന്നു ഇവിടെ എല്ലാം തരുന്നു ആഭാസം അല്ലെങ്കിൽ പ്രതീതി വ്യക്തമാകുന്നു അനുഭവങ്ങളിൽ എവിടെയെങ്കിലും പ്രതീതി വ്യക്തമായാൽ അതെവിടെയാ വ്യക്തമാകുന്നത് സ്വവിജ്ഞാനത്തിൽ തന്നെ മറ്റൊരിടത്തും സാറിന് നമ്മൾ ഇപ്പം എന്താണ് ബോധമുണ്ടാകുന്നത് പരനിമിത്തമായിട്ടാണ് അന്യം നമ്മളെ ബോധിപ്പിക്കുന്നു ആത്മാവുണ്ട് ബന്ധമുണ്ട് മോക്ഷമുണ്ട് വിജ്ഞാനം നമ്മൾ സാധാരണ ആർജിക്കുന്നത് പരപ്രയുക്തമായിട്ടെന്ന് പറയും മറ്റുള്ളവർ ബോധിപ്പിക്കുമ്പം അല്ലെങ്കിൽ മറ്റ് നിമിത്തങ്ങളിലൂടെ നമ്മൾ ആർജിക്കുമ്പോൾ രണ്ടുതരത്തിൽ സംഭവിക്കും ആചാര്യം ബോധിപ്പിക്കുന്നു ശ്രോതാക്കൾ ഗ്രഹിക്കുന്നു അത് പരപ്രയുക്തമായിട്ട് മറ്റൊരു പ്രേരണയിലൂടെ ഗ്രഹിക്കുന്നതാണ് ിൽ വിജ്ഞാനം എങ്ങനെ വരും അവൻ ആർജിക്കുന്നു സ്വന്തം പരിശ്രമത്തിലൂടെ നമ്മൾ എഞ്ചുകൂടി മനഃപ്പാടം ചെയ്തു പരിശ്രമിച്ചാണ് ആർജിക്കുകയാണ് ആ വിജ്ഞാനം ബാല്യം മുതൽ മരണം മുതൽ വിജ്ഞാനം ആർജിക്കുകയാണ് ഇങ്ങനെ ആർജിക്കുന്നതും പരപ്രയുക്തമായിട്ട് വരുന്നതും പിന്നെ മറ്റൊന്ന് വരുന്നത് വിജ്ഞാനം പരിചയത്തിലൂടെ വരുന്ന നാമരൂപങ്ങളെല്ലാം കാണും കണ്ടുകണ്ട് അതിന്നതാണ് ഇന്നതാണെന്ന് ബോധിക്കുന്നു അത് നമ്മൾ ആർജിക്കുന്ന വിജ്ഞാനം തന്നെ പക്ഷെ വലിയ പരിശ്രമം വേണ്ടി വരത്തില്ല ഇത് പുസ്തകമാണ് ജനിച്ചപ്പോഴേ പുസ്തകമാണെന്ന് അറിഞ്ഞില്ല കാലം കൊണ്ടറിഞ്ഞ അതിന് മറ്റു പലരുടെയും സഹായം വേണ്ടിവന്നിരിക്കാം സഹജമായിട്ടാണെങ്കിലും അത് ക്രമികമായി സംഭവിക്കുന്നതാണ് ഈ തരത്തിലൊക്കെയാണ് നമ്മൾ വിജ്ഞാനത്തെ ആർജിക്കുന്നത് ജ്ഞാനമുള്ളവരായി മാറുന്നതും അല്ല ഇങ്ങനെ ഒരു വിജ്ഞാനവും അത് സത്യമായിരിക്കത്തില്ല കാരണം ബാഹ്യമായ നിമിത്തങ്ങളെ ആശ്രയിക്കുന്നുണ്ട് എൻ്റെ മുമ്പ് ഈ വസ്തുവിനെ കുറിച്ച് എനിക്ക് ബോധമുണ്ടായത് സഹജമല്ല കാരണം ഞാൻ കാലദേശങ്ങളൊക്കെ ഒരു സുപ്രഭാതത്തിൽ അങ്ങനെ ഉണ്ടായതല്ലല്ലോ പുതിയൊരു വസ്തുവാണെങ്കിൽ നമ്മൾ അന്വേഷിക്കും മനസ്സുകൊണ്ട് അന്വേഷിക്കും ഇതെന്താണ് ഇതെവിടെ നിന്നുണ്ടായിരുന്നുണ്ടാക്കി ഇതിന്റെ നാമമുണ്ട് രൂപമുണ്ട് ഇതിന്റെ സവിശേഷതകളുണ്ട് അതിന്റെ സാമാന്യ വിശേഷഭാവങ്ങളെ ചിന്തിച്ചോ സ്വയം ചിന്തിച്ചോ അല്ലെങ്കിൽ അന്വേഷിച്ചോക്കെ കണ്ടുപിടിക്കും അങ്ങനെ ഉണ്ടാകുന്ന യുവരറിവും സത്യമാകാൻ വേണ്ടിയില്ല സത്യമായ അറിവ് എങ്ങനെയുണ്ടാകുന്നത് അതിങ്ങനെയൊന്നുമല്ല ഉണ്ടാകുന്നത് അത് സഹജമായി തന്നെ സംഭവിക്കുന്ന അറിവ് മാത്രമേ സത്യമായിട്ടുള്ളൂ സഹജമായി സംഭവിക്കുന്ന പറയുന്നത് ഏത് സമയമാണോ നമ്മൾ ഭ്രമത്തിൽ നിന്നും മുക്തി നേടുന്നത് ആക്ഷണം ഉണ്ടാകുന്ന അറിവ് മാത്രമേ സഹജമായി സംഭവിക്കുന്നുള്ളൂ അതെങ്ങനെ മുക്തി നേടുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല ഏത് വിഭ്രാന്തിയിൽ നിന്നും നമ്മൾ മുക്തി നേടും സർപ്പഭ്രാന്തി മാറി എങ്ങനെ അറിവുണ്ടായത് ആരെങ്കിലും ഉണ്ടാക്കി തന്നെയാണ് ഏതെങ്കിലും ഒരു ഭ്രമത്തിൽ നിന്ന് മോചിക്കുമ്പോ അത് സഹജമായി സംഭവിക്കുന്നതാണ് ഭ്രമം മാറുന്നു അത്രയുള്ളൂ വെളിച്ചം ഒന്ന് ഇരട്ട് മാറുന്നതുകൊണ്ട് അതാണ് ഇവിടെ പറയുന്നത് ഭ്രാന്തി മാറുന്നത് സത്യാനുഭവം അലാദത്തിൽ കാണുന്ന ഋജിവക്രാദി ആകാരങ്ങൾ ഭ്രാന്തിയാണെങ്കിൽ ആ ഭ്രാന്തി മാറുന്നത് ആ ഭ്രാന്തി മാറുന്ന അറിവാണ് അനാഥ നിശ്ചലമാകുന്നു ഭ്രാന്തി മാറുന്നു ആ ഭ്രാന്തി മാറുന്നത് ഏത് തരത്തിലായാലും അത് സഹജമായി സംഭവിക്കുന്നു ഭ്രാന്തി അവസാനിക്കുന്നു എവിടെയെല്ലാം ഭ്രാന്തിയിൽ നിന്ന് മാറ്റം സംഭവിക്കുന്നത് ഒരു ദൃഷ്ടാന്തമായി പറഞ്ഞു അതാണ് യഥാർത്ഥമായിട്ടുള്ള അറിവ് സത്യമായിട്ടുള്ള അറിവ് മറിച്ച് ഒരു എത്ര കാലം നിന്നാലും എത്ര സ്ഥായിയായി സ്ഥിരമായി അനുഭവപ്പെട്ടുകൊണ്ടിരുന്നാലും അത് സഹജമായ അറിവല്ല കാരണം അവിടെ ഭ്രാന്തി മാറുന്നില്ല ഭ്രാന്തി മാറുമ്പോൾ ഇതും അധുവിധത്തിൽ വളരെ ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ് ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ് യഥാർത്ഥ അനുഭവം അതിനെ പറയാൻ പറ്റും ഇപ്പോൾ ഏത് എവിടെയാണെന്ന് പറയാൻ പറ്റത്തില്ല അത്തരം യഥാർത്ഥ അനുഭവങ്ങളിലൂടെ നിരന്തരം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് നിരന്തരം ഈ ഭ്രാന്തിയിൽ നിന്ന് ഈ വിജ്ഞാനം മോചിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് വിജ്ഞാനത്തിന് ഈ ഭ്രാന്തിയിൽ നിന്നും പൂർണ്ണമായും മാറണമെന്നുള്ള ആഗ്രഹം വരുന്നത് അടുത്തു പറയും അങ്ങനെ ഒരു ഇച്ഛയെ കുറിച്ച് പറയും ഇതിൽ നിന്ന് മോചിക്കണമെന്നുള്ളൊരാഗ്രഹം വരുന്നത് അതുകൊണ്ടാണ് കാരണം ഈ വിജ്ഞാനത്തിന്റെ ഭ്രാന്തി മാറുന്നുണ്ട് ഞാൻ പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെയോ ചിന്തയുടെ കാര്യമല്ല കേവലമായ വിജ്ഞാനത്തിൻ്റെ കാര്യം ഈ വിജ്ഞാനം സഹജമായി ഭ്രാന്തിയിൽ നിന്ന് മോചിക്കുന്നതു കൊണ്ട് പക്ഷെ അവിദ്യ മാറുന്നില്ല മായ മാറുന്നില്ല വീണ്ടും ഈ ഭ്രാന്തിയിൽ നിന്നുള്ള ഒരു മോചനം അത് വീണ്ടും പ്രതീക്ഷിക്കുന്നു അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നത് അത് ചാർവാകന് സംഭവിക്കുന്നുണ്ട് ഇതെല്ലാം സത്യമാണെന്ന് ്രഹ്മത്തിന് അടിമപ്പെടും ബ്രഹ്മത്തിൽ നിന്ന് മുക്തനാകും എന്തുകൊണ്ട് അവിടെയും അതും വിജ്ഞാനന്ദൻ ചർവാകൻ എന്ന് പറയുന്നതും വിജ്ഞാനന്ദൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നവനും വിജ്ഞാനന്ദൻ രണ്ടിടത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമൊന്നാണ് കാണുന്നത് സത്യമാണെന്ന് ചർവാകൻ എന്തുകൊണ്ട് പറയുന്നു അവനും ഭ്രഹത്തിൽ നിന്ന് മോചിക്കാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് സത്യം എന്താണെന്ന് അറിയുന്നതിനുള്ള ആഗ്രഹം കൊണ്ടാണ് സത്യത്തെ എവിടെ നിന്ന് അറിഞ്ഞു അറിയാൻ ആഗ്രഹം വരണമെങ്കിൽ അതറിയണമല്ലോ അത് ഈ പ്രതിക്ഷണം ഈ ഭ്രാന്തിയിൽ നിന്ന് മുക്തമായി വിജ്ഞാനം ഇങ്ങനെ നിലനിൽക്കുന്നുകൊണ്ടാണ് ആ സർവവിജ്ഞാനങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ കാര്യം പറഞ്ഞാൽ സർവധർമ്മങ്ങളും സർവ്വജീവന്മാരിലും അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രീ ഭ്രമമുക്തി അതുകൊണ്ടാണ് പറഞ്ഞത് വിജ്ഞാനേവിജ്ഞാനത്തിലും ഇത് സദാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ബാഹ്യമായ വസ്തുബോധം ആ വസ്തുബോധത്തെ ആശ്രയിച്ചു വരുന്ന ആ പ്രതീതിയിൽ നിന്നുള്ള മോചനം അതുപോലെ വിജ്ഞാനത്തിൽ വരുന്ന സർവവസ്തുബോധങ്ങളിൽ നിന്നുമുള്ള മോചനം അതും സംഭവിക്കണം അത് സംഭവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നിരന്തരമായിട്ടുള്ള ഈ ഭ്രമമുക്തി ഈ വിജ്ഞാനത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് സ്ഥായിയാകാത്തോണ്ട് പറയുന്നതാണ് ഇവിടെ മായയുണ്ട് അവിദ്യമുണ്ട് എന്നെല്ലാം പറയുന്നു ആഭാസ്യവിശയത സർവത്ര ആഭാസമാണ് ഒരുപോലെ ഇരിക്കുന്നു നിങ്ങൾ ബാഹ്യമായി സത്യമൊന്നു കാണുന്ന ഈ വസ്തുക്കളിലായാലും ശരി അല്ല ഇനി ഭ്രമമാണെന്ന് നിങ്ങൾക്ക് ബോധിച്ച വസ്തുക്കളിലായാലും ശരി രണ്ടടുത്തും പ്രതീതി സമാനമാണ് ഓരിടത്ത് പ്രതീതിയിൽ നിന്നും മുക്തമായി മറ്റൊരിടത്ത് ആ പ്രതീതി പരിണമിച്ചുകൊണ്ടേയിരിക്കുന്നു അതിൽ നിന്ന് മുക്തി നേടാൻ കഴിയുന്നല്ലോ അതാണ് ഇവിടെ പറയുന്നത് സ്മൃതി എന്നാൽ സ്മൃതി എന്ന് പറയുന്നത് അനുഭവിച്ചിട്ട് അതിനെക്കുറിച്ച് സ്മരിക്കുന്നത് ഭ്രമത്തിൽ നിന്നുള്ള മുക്തി എന്ന് പറയുന്നത് അനുഭവമാണ് നമ്മളൊരു വസ്തുവിനെ അനുഭവിച്ചിട്ട് പിന്നെ അതിനെ സ്മരിക്കുന്നതിനാണ് സ്മൃതി എന്ന് പറയുന്നത് ഇന്ദ്രജാലം കണ്ടുകൊണ്ടിരിക്കുന്നു അതത് ബോധ്യപ്പെടുന്നത് ഇത് ഇന്ദ്രജാലമാണ് അത് സ്മൃതി അല്ലാതെ അനുഭവമാണ് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരാൾക്കൊരു ഭ്രാന്തി ഉണ്ടായി ഏത് തരത്തിലും ഉണ്ടാകാം മിത്രം ഇത്ര കണ്ടപ്പോ ശത്രുവാണെന്ന് തോന്നി ഒരു ഭ്രാന്തിയാണ് ആ ഭ്രാന്തി അത് മിത്രമാണെന്നറിയുന്നു ഇത്തരത്തിൽ നിരന്തരമായ ഭ്രാന്തിയിൽ നിന്നും മുക്തനായികൊണ്ടിരിക്കുന്നു സത്യബോധം സ്വയം പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു കൃത്രിവുമായി ഉണ്ടാക്കുന്നതല്ല ഒരു ്രമത്തിൽ നിന്ന് നമുക്ക് കൃത്രിമമായി മോചിക്കാൻ കഴിയുന്നു ഭ്രമത്തെ നമ്മൾ കൃത്രിമമായി ഉണ്ടാകും ഭ്രമത്തിൽ നിന്ന് കൃത്രിമമായി മോചിക്കാൻ പറ്റത്തില്ല സഹജമായി സംഭവിക്കുന്നതാണ് ഭ്രമത്തെ നമ്മൾ കൃത്രിമമായി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ് വിജ്ഞാനം തന്നെ തന്റെ സ്വരൂപത്തെ സദാ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് അതാണ് അറിവ് സ്വയം പ്രകാശം എന്ന് പറയുന്നത് അതിന് താൽപ്പര്യം അതാണ് അതുകൊണ്ട് സത്യത്തിനോടുള്ള ആകാംക്ഷ ഇവിടെ ഇനി പറയും അതുണ്ട് ഈ വിജ്ഞാനത്തിൽ തന്നെ ഉണ്ടാവും സത്യത്തിനോടുള്ള ആഗ്രഹം അത് ഇവിടെ കൊണ്ട് എത്തിക്കുന്നത് ചർവാകനെ കൊണ്ട് എത്തിക്കുന്നത് ഈ പ്രതീതി തന്നെ സത്യമാണെന്നുള്ളത് എൻ്റെ ഇതാണ് ഉറച്ചുകൂടി ഉയർന്നിട്ട് എന്തിക്കുന്നവരാണെങ്കിലോ ബന്ധം മോക്ഷം തുടങ്ങിയ സങ്കല്പങ്ങളുണ്ടാക്കി ആ പ്രതീതികളാണ് സത്യം എന്നുള്ള ആളെ കൊണ്ടെത്തിക്കുന്നത് ഇവിടെ പറയുന്നതല്ല നിങ്ങളുടെ സങ്കല്പത്തിലൂടെ എന്തൊക്കെ കണ്ടെത്തുന്നു അത് ബന്ധവും മോക്ഷവും വരെ ആയാലും ശരി കേവല പ്രതീതി മാത്രമാണ് നമുക്ക് പ്രദക്ഷിണമനുഭവപ്പെടുന്ന ഈ ഭ്രമങ്ങളിൽ നിന്നും മോചിക്കുന്നത് പോലെ ബന്ധമോക്ഷപ്രതീതികളിൽ നിന്നും മോചിക്കണം പ്രതിബോധവിദിതം എന്നെല്ലാം പറഞ്ഞിരിക്കുന്ന അതാണ് കാര്യമാണ് അലാ ദ്രവ്യത്വാഭാവയോഗ വിജ്ഞാനേപി തഥൈവസ്യുഭാസയാവിശേഷത കഥം തുല്യത്ത വിധമാന വൈ നാസാനുവാ നസന്തി ഉദാഹരണത്തിൽ നേരത്തെ വ്യക്തമാക്കിയതിന് വിജ്ഞാനത്തിൽ ഘടിപ്പിച്ച് മനസ്സിലാക്കിത്തരാൻ ശ്രമിക്കുകയാണ് താൽപര്യം ഇതാണ് കാരണം ഭ്രാന്തിയും ഭ്രാന്തിയിൽ നിന്നുള്ള മോചനവും ആരും ആരെയും പഠിപ്പിക്കേണ്ട കാര്യമില്ല ആരും ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല അതാണ് ഈ ദൃഷ്ടാന്തത്തിലൂടെ മനസ്സിലാക്കേണ്ടത് അസ്വയം സംഭവിക്കുന്നു അതുപോലെ ഈ വിജ്ഞാനത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രതീതി ഈ പ്രതീതിയിൽ നിന്നുള്ള മോചനവും സംഭവിക്കണം അതെവിടെ സംഭവിക്കണം വിജ്ഞാനത്തിൽ തന്നെ സംഭവിക്കുന്നു വിജ്ഞാനത്തിൽ തന്നെ എന്ത് ചെയ്യുന്നു ഇത് പ്രതീതിയാണെന്ന് നിലയിൽ ഇത് നിലനിക്കണം പ്രപഞ്ചം പ്രപഞ്ചം കേവലം പ്രതീതിയായി നിലനിൽക്കണം അലാദത്തിൽ ആകാരങ്ങൾ പ്രതീതിയാണെന്ന് ബോധ്യപ്പെടുന്നു ഇവിടെ ഉദാഹരണം പറഞ്ഞെന്താണ് നിസ്പന്ദേ അലാതെ സ്പന്ദിക്കാതിരിക്കുന്നത് ഇനി അലാതെ സ്പന്ദിക്കുന്നതന്നെ ഇരിക്കട്ടെ അലാതെ സ്പന്ദിക്കുമ്പോൾ ഇത് മനസ്സിലാക്കിയ ഒരാളാണ് അത് ബോധ്യപ്പെടുന്നതാണ് ഈ ആകാരങ്ങൾ അലാദത്തിലുള്ളതല്ല അത് പുറമെ എവിടെ എന്തെങ്കിലും അലാദത്തിലേക്ക് വന്നതല്ല ഇത് നിശ്ചലമാകുമ്പോൾ ഇത് അലാധത്തിൽ നിന്ന് മറ്റങ്ങോട്ടും പോകുന്നതല്ല കേവല പ്രതീതി മാത്രമാണ് ഒരു അനുഭവം മാത്രം പ്രതീന്ന് പറഞ്ഞാൽ ഒരു അനുഭവം ആ അനുഭവത്തിൽ അതിനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ഒന്നുണ്ട് ഒരാകാരം ഉണ്ട് എന്നുള്ളത് എന്നൊരു അനുഭവം കൂടിയുണ്ട് അഗ്നി കണത്തിൻ്റെ അനുഭവം അവിടെ ആഹാരത്തിൻ്റെ അനുഭവം അങ്ങനെ ഒരു വസ്തു കൊണ്ടെന്നുള്ള അനുഭവം അതുണ്ട് പക്ഷെ അത് ഇന്നതാണ് സത്യമെന്ന് മനസ്സിലാക്കിയ ഒരാൾ അത് നേരെ വരെ അല്ല എന്ന് മനസ്സിലാക്കിയ ഒരാൾ അതായത് വേഗത്തിൽ ചലിക്കുന്ന ഒരു ബിന്ദു നേർവരെയോ വൃത്തത്തെയോ ഒക്കെ സൃഷ്ടിക്കും അതൊരു ചലനമാണെന്ന് തിരിച്ചറിയാത്തടത്തോളം കാലം അതെല്ലാം വസ്തുവായി തന്നെ പ്രതീതമായിക്കൊണ്ടിരിക്കും പലപ്പോഴും നമുക്കങ്ങനെ സംഭവിക്കും പക്ഷെ അത് ബോധ്യപ്പെട്ട് കഴിഞ്ഞിട്ട് വീണ്ടും അത് ദർശിച്ചാൽ അപ്പോ വിജ്ഞാനത്തിൽ അതിനെ സംബന്ധിച്ചൊരു ബോധ്യപ്പെടലുണ്ടാവും പ്രതീതി അങ്ങനെ നിലതെന്ന് കഴിഞ്ഞാലും അതിൽ വസ്തുത്വമില്ല നേരത്തെ പറഞ്ഞതാണ് ദ്രവ്യത്വമില്ല എന്ന് ബോധ്യപ്പെടുന്നു അതുപോലെ ബാഹ്യമായ പ്രപഞ്ചത്തിലും അത് നാനാരൂപത്തിനും അനുഭവപ്പെടുന്നുണ്ടെങ്കിലും വിജ്ഞാനത്തിൽ നിന്ന് വേറിട്ട് അതിലൊരു വസ്തുത്വമില്ല എന്ന് ബോധ്യപ്പെടുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത് നാന്യതോ ഭുവ മറ്റെവിടെയെങ്കിലും കടന്നു വന്നിട്ട് വിജ്ഞാനം അതിനെ ഗ്രഹിക്കുന്നതല്ല അടുത്ത് വരുന്ന കാര്യങ്ങളിൽ അതും പറയും എന്തുകൊണ്ടങ്ങനെ ആയിക്കൂടുന്നുണ്ടല്ലോ ഞാനൊരു വസ്തുവിനെ സൃഷ്ടിച്ചു എന്നിട്ട് എന്റെ വിജ്ഞാനം അതിനെ ഗ്രഹിക്കുന്നു സാറിന യുക്തിയിൽ തോന്നാണ് അങ്ങനെ സംഭവിക്കുന്നുണ്ടവിടെ പറയുന്നു ഞാൻ ദീർഘകാലം കൊണ്ട് പിന്നെ ദേശത്താണ് വസ്തുവിനെ സൃഷ്ടിച്ചത് അതെങ്ങനെ എൻ്റെ വിജ്ഞാനത്തിൻ്റെ പ്രതീതിയാകും പറയുന്നു ഒരു വസ്തുവിനെ നിങ്ങൾ സൃഷ്ടിക്കുമ്പോൾ ബോധപൂർവം അല്ലാതെ ഈ വിജ്ഞാനം സൃഷ്ടിക്കുന്ന പലതും കൂടി ചേരുന്നുണ്ട് അവിടെ എന്താണ് ദേശകാലങ്ങൾ ഇപ്പൊ വസ്തുവിന്റെ നിലനിൽപ്പിന് ആധാരമായിരിക്കുന്ന ദേശതാരങ്ങൾ കൂടി വിജ്ഞാനത്തിന്റെ സൃഷ്ടിയാണ് അതല്ല സുഷുതിയിൽ ദേശതാരങ്ങളില്ല വസ്തുബോധവും ദേശകാലങ്ങളെ സൃഷ്ടിക്കുന്ന വിജ്ഞാനം തന്നെ ആ ദേശകാലങ്ങളെ ആശ്രയിച്ച് വസ്തുക്കളെ പ്രീതിതമാക്കുന്നു അങ്ങനെ സംഭവിക്കാമോ പ്രതീതി മാത്രമായി ഉണ്ടാകുമോ അതിനാണ് അലാദത്തിന്റെ ദൃഷ്ടമെന്നും പറഞ്ഞു പറയുന്നു അലാധേന സമം സർവം വിജ്ഞാന ഇവിടെ എന്തെല്ലാം പ്രതീതി കൊണ്ടാകുന്നു അതേറ്റവും സൂക്ഷ്മമായ കാലവും ഏറ്റവും സ്ഥൂലമായിരിക്കുന്ന ദേശവും ആയാലുശ്ശേരി സർവവും എന്താണ് ഈ അലാദസമമാണ് വിജ്ഞാനത്തില് പ്രതീതി മാത്രമാണ് ഇത് മൂർത്തമായൊരു വസ്തുവല്ലേ മറ്റത് അമൂർത്തമല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും അനുഭവപ്പെടുമ്പോൾ മൂർത്തമായിട്ടാണ് അനുഭവപ്പെടുന്നത് ഒന്ന് അനുഭവപ്പെടുന്നത് കൊണ്ട് അത് അമൂർത്തമാവണമെന്നൊന്നുമില്ല അമൂർത്തമാവണമെന്നില്ല ഇന്ദ്രജാലക്കാരന്റെ അടുത്ത് പറയും അയാളൊരു വിത്ത് പിഴിച്ചിട്ട് ക്ഷണം കൊണ്ട് അതൊരു വൃക്ഷമായി മാറി ഇതെല്ലാം കാണാൻ അതുകൊണ്ടത് മൂർത്തമാവണമെന്നില്ല ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം മൂർത്തമാകണമെന്നുമില്ല അത് അമൂർത്തമാണെങ്കിൽ ഇതും അമൂർത്തം തന്നെ മൂർത്തമായി അനുഭവപ്പെടുന്നു കൊണ്ടുപറയുന്നു അലാധീന സമാനം എന്ന് വിജ്ഞാനത്തിൽ പദാർത്ഥങ്ങൾ നിലനിൽക്കുന്നതാണ് ഇവിടെ പറയുന്ന ധികം എന്ന് പറയുന്നു അലാധ സമാനമായി വിജ്ഞാനത്തിന് അനുഭവപ്പെടുന്നു സദാ അജലത്തു വിജ്ഞാനത്തെ വിശേഷത ഇവിടെ രണ്ടു കാര്യം പറഞ്ഞു അലാദത്തിന്റെ സ്പന്ദനം അലാദം അസ്പന്ദമാകുന്നു അതുപോലെ വിജ്ഞാന സ്പന്ദിക്കുകയും വിജ്ഞാനം സ്പന്ദിക്കാതിരിക്കുകയും ചെയ്യും അങ്ങനെ വന്നുകഴിഞ്ഞാൽ വീണ്ടും കുഴപ്പമാണ് എന്തുകൊണ്ട് വിജ്ഞാനം ഏതെങ്കിലും തരത്തിൽ സ്പന്ദിക്കാതിരുന്നിരിക്കട്ടെ വീണ്ടും മറ്റെന്തെങ്കിലും നിമിത്തങ്ങൾ കൊണ്ട് ഇത് സ്പന്ദിക്കാൻ വീണ്ടും ഇതെല്ലാം വീണ്ടും അനുഭവപ്പെടും അപ്പോൾ ഈ വിജ്ഞാനം കൊണ്ട് പ്രയോജനമില്ലാതെ വിജ്ഞാനത്തെക്കുറിച്ചുള്ള ഈ ബോധ്യപ്പെടുത്തലുകളെല്ലാം പ്രയോജനമില്ലാതായി തീരും അതുകൊണ്ട് ഇവിടെ പറയുന്ന എന്താണ് വിജ്ഞാനത്തിന്റെ യഥാർത്ഥ സ്വരൂപം എന്താണ് ഇങ്ങനെയൊക്കെ ഇതെല്ലാം ഉണ്ടായി കാണിക്കുക എന്നുള്ളതല്ല അത് അസ്പന്ദൻ തന്നെ സദാചലത്വം അത് അജലമാണ് സദാചലമായി സ്ഥിതി ചെയ്താലും അവിദ്യ കൊണ്ട് അല്ലെങ്കിൽ മായ ഇതിൽ സ്പന്ദനങ്ങൾ ഉള്ളതുപോലെ അനുഭവപ്പെടും അനുഭവത്തിൽ പ്രപഞ്ചാനുഭവം സർവുണ്ടാകും സ്വപ്നത്തിൽ ഉണ്ടാകുന്നതുപോലെ സുഷത്തിയിൽ നിന്നും ജാഗ്രതത്തിലേക്ക് വരുമ്പോഴും എല്ലാം പ്രകാശിക്കുന്നു ജാത്യധ്യാഭാസ വിജ്ഞാനെ അചലേ കിം കൃത എങ്ങനെ സംഭവിക്കുന്നു ഈ അഭാസങ്ങൾ വിജ്ഞാനെ അചലമായ വിജ്ഞാനത്തിൽ എങ്ങനെ സംഭവിക്കുന്നു അതെ അല്ലാതും അചലമായിരുന്നു പിന്നെ അതിനൊരു ചലനം സംഭവിച്ചു അതിൽ നാനാരൂപങ്ങൾ വന്നു അതുപോലെ വിജ്ഞാനവും അചലമായിരിക്കും അതിനൊരു ചലനം സംഭവിക്കുന്നു മായാശക്തിയുടെ ഇപ്പൊ വിജ്ഞാനത്തിൽ ഈ പ്രതീതി ഉണ്ടാവുന്നു ജീവ ഈശ്വര ജഗത്ഭേദങ്ങളെല്ലാം ഉണ്ടാവും ജീവനെ ഈശ്വര സൃഷ്ടിച്ചു ജഗത്തിനെ ഈശ്വരം സൃഷ്ടിച്ചു ഇതെല്ലാം വിജ്ഞാനത്തിന്റെ പ്രതീതി മാത്രമാണ് എന്ന് വിജ്ഞാനത്തിന്റെ തലത്ത് ബോധ്യപ്പെടണം അതിൽ നിന്നും താഴേക്ക് വരുമ്പോ പ്രപഞ്ചത്തിൽ സത്യബോധം വരുമ്പോ പിന്നെ ഇവിടെ ഈ ജീവ ഈശ്വര ജഗത്ഭേദങ്ങളെല്ലാം നയിക്കും ജഗത്ത് വേറെയായി ജഗത്തിനെ സൃഷ്ടിക്കുന്ന ഈശ്വരനായി ആ ഈശ്വരനെ സൃഷ്ടിയായ ജീവന്മാർ അനന്തമായി ഇതെല്ലാം വരും ഇവിടെ ആ നിലയ്ക്കല്ല ചിന്തിക്കുന്നത് അങ്ങനെയും ചിന്തിക്കാം അങ്ങനെ ചിന്തിക്കുന്നതിനും തെറ്റൊന്നുമില്ല ഇവിടെ പറയുന്നതല്ല വിജ്ഞാനത്തിന്റെ തലത്തിൽ മാത്രം നിൽക്കും വിജ്ഞാനത്തിൽ ഇതെല്ലാം അനുഭവപ്പെടുന്നു എന്ന് ബോധ്യപ്പെടുക അതാണ് അപ്പോൾ വിജ്ഞാനത്തിൽ ഇതെന്നെ അനുഭവപ്പെടുന്നു ബോധ്യപ്പെടുക എന്ന് പറഞ്ഞാൽ അതിനെ സംബന്ധിച്ച് മറ്റൊരു വിജ്ഞാനത്തെ ആർജിക്കാൻ വിജ്ഞാനത്തിൽ ഇത് പ്രകാശിക്കും എന്നെയാണ് വിജ്ഞാനം ഇതിനെ പ്രകാശിപ്പിക്കും വിജ്ഞാനം പ്രകാശ പ്രപഞ്ചത്തെ പ്രകാശിപ്പിക്കും ഏതുപോലെ ഭ്രമത്തിൽ നിന്ന് മുക്തമാകുമ്പോൾ വിജ്ഞാനം സ്വയം സത്യരൂപത്തിൽ പ്രകാശിക്കുന്നവരെ താത്കാലികമായിട്ടാണെങ്കിൽ ഒരു തരത്തിൽ ആർജിച്ചെടുക്കാത്ത വിജ്ഞാനം പ്രകാശിക്കുന്നവർ അല്ലെങ്കിൽ സ്വപ്നത്തിൽ നിന്ന് വളരുന്നത് പോലെ സ്വപ്നത്തിൽ നിന്ന് വളരുമ്പോൾ എന്ത് ചെയ്യുന്നു അവിടെ ഒരു ആയാസം വേണ്ട എന്തുകൊണ്ടാണ് അത് ഭ്രമമായിരുന്നുകൊണ്ടാണ് ആയാസം കൂടാതെ തന്നെ സ്വപ്നമുക്തി സംഭവിക്കും പക്ഷേ ആ മുക്തിയിൽ നിൽക്കാൻ കഴിയുന്നില്ല വീണ്ടും അടുത്ത രംഗത്തേക്ക് കടന്നു പോകും വീണ്ടും ഭ്രമത്തിലേക്ക് അടിവപ്പെട്ടു പോകും പക്ഷെ ആ സ്വപ്നമുക്തി എന്ന് പറയുന്നത് അത് സത്യത്തിന്റെ നിലയാണ് വിജ്ഞാനത്തിന്റെ നിലയാണ് വീണ്ടും മറ്റൊരു തരത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നാണ് അതുകൊണ്ടാണ് അതിന് വിജ്ഞാനസന്ധി എന്നെല്ലാം പറയുന്നത് അത് തന്നെയാണ് എല്ലാ ഭ്രമമുക്തിയിലും സംഭവിക്കുന്നത് ഉടപ്പിന്നെ എന്തുകൊണ്ട് സംഭവിക്കുന്നു കിം കൃത എന്തുകൊണ്ടിത് വീണ്ടും സംഭവിക്കുന്നു വിജ്ഞാനി അച്ഛലേ അതിനൊരു സമാധാനേ ഉള്ളൂ എന്താണ് അമയാശക്തി അവിദ്യാശക്തി അതുകൊണ്ട് സംഭവിക്കുന്നു കാര്യകാരണത അഭാവാ ജന്യജനകത്വനുപത്തെ അഭാവരൂപത്വ അജിൽ യഥസ്തൈവ വിജ്ഞാനത്തിൽ പ്രകാശിക്കുകയാണ് ശരീരം ഉൾപ്പെടെയുള്ള പ്രപഞ്ചം ഇപ്പൊ സാറിന് ചോദിക്കും പ്രകാശിക്കണം പ്രകാശിക്കാതിരുന്നൂടെ എന്താണ് നമ്മൾ ആഗ്രഹിക്കുന്നത് സുഷിത്വപരയിരിക്കാനാണ് അതല്ലല്ലോ കാരണം ആഗ്രഹിക്കേണ്ട കാര്യമില്ല തനി വന്നുചേരുന്നതാണ് ഇവിടെ എന്താണ് മറ്റെന്തോ ആഗ്രഹിക്കുന്നുണ്ട് സത്യം എന്നൊക്കെയുള്ള സങ്കല്പത്തെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് മോക്ഷം എന്നൊക്കെയുള്ള സങ്കല്പത്തെ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും അത് സുഷുതിയല്ല ഇതിൽ നിന്നുള്ള മോചനത്തെ ആഗ്രഹിക്കുന്നുണ്ട് അതാണ് പരമാർത്ഥം എന്നും പറയുന്നത് അത് പരമാർത്ഥമാണെങ്കിൽ പിന്നെ എന്തിനാ ഈ പ്രതി എന്തിന് ഈ പ്രപഞ്ച അനുഭവം അതിന് സമാനം വരെയാണ് കാര്യകാരണതാ ഭാവ ഇതിന് യാതൊരു തരത്തിലുള്ള യുക്തിയും കണ്ടുപിടിക്കാമെന്ന് വൃത്തിയില്ല കാര്യകാരണ ബന്ധം നിന്നാലേ യുക്തിയുള്ളൂ അതിവിടെയില്ല ജന്യജനകത്വ അനുഭവത്തെ ഇവിടെ ഒരു ജന്യജനക ഭാവം കണ്ടുപിടിക്കാൻ പയ്യ ഇത് ഇന്നതിൽ നിന്നുണ്ടായി ഇന്നതുകൊണ്ട് നിലനിൽക്കുന്നു എന്ന് നിർണയിക്കാൻ പയ്യ അഭാവരൂപത്വ പരമാർത്ഥത്തിൻ്റെ അഭാവമാണ് അസത് രണ്ടു കാര്യങ്ങളെ കുറിച്ച് പറയുന്നു ചിത്ത് മറ്റൊന്ന് അച്ചിത്ത് ചിത്തിന്റെ പ്രതീതിയാണെന്ന് പറഞ്ഞു അപ്പൊ എന്താ പ്രതീതി അപ്പം പറയാം അചിത് ചിത്തല്ലാത്തതെന്ന് പറയാം ഇതെന്തിനെ അനുഭവപ്പെടണം എന്ന് ചോദിച്ച് ബുദ്ധിയെ കുഴക്കേണ്ട കാര്യമില്ല പ്പെടാതിരുന്നെങ്കിൽ സാറിനെ ചോദിക്കുമല്ലോ എങ്ങനെ ഈ ബന്ധം അങ്ങനെ ഉണ്ടായി എങ്ങനെ സംസാരം ഉണ്ടായി സൃഷ്ടി എങ്ങനെ ഉണ്ടായി എന്നൊക്കെ സാറിനെ ചോദിക്കാറുണ്ട് ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ കരുതുന്നു നമ്മൾ വരും മിടുക്കന്മാരാണ് ബുദ്ധിമാന്മാരാണെന്നാണ് ഇവിടെ പറയുന്നത് എന്താണ് അതൊരു ബുദ്ധിശൂന്യമായൊരു ചോദ്യമാണ് എന്തുകൊണ്ട് അചിന്തിയ അത് ചിന്തക്ക് വിഷയമാകുന്ന കാര്യങ്ങളല്ല കാരണം പഞ്ചത്തിന്റെ രഹസ്യങ്ങൾ അറിയാൻ വേണ്ടി നമ്മൾ ചിന്തിക്കുന്നോ മനുഷ്യൻ പരീക്ഷണ നിരീക്ഷണങ്ങളും ഒക്കെ നടത്തുന്നതോ ഇത് അചിന്തിയമായതുകൊണ്ട് തന്നെ അതൊന്നും ഒരിക്കലും അവസാനിക്കത്തില്ല ഒരു സമാധാനം നൂറ് ചോദ്യങ്ങളെ ഉണ്ടാക്കും അഭിനയിതെങ്ങനെ അവസാനിക്കും അചിന്തിയമായ ഒന്നിനെ കുറിച്ച് ചിന്തിച്ചാൽ ഇതെവിടെ ചെന്ന് ചേരും എന്തുകൊണ്ടാണ് ഈ വിജ്ഞാനത്തിലാണ് അനന്തമായ ഈ കാലദേശങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് അപ്പോൾ ഈ അനന്തമായ കാലദേശത്തിന് ഉള്ളിൽ നിന്നുകൊണ്ട് എന്തൊക്കെ ചെയ്താലും അതിന് അനന്തമായി തന്നെ ഇരിക്കും അല്ല ഇതിനാധാരമായിരിക്കുന്ന എന്താണ് അനന്തമായ കാലദേശങ്ങളാണ് അപ്പം നിങ്ങളിതിൻ്റെ എന്താണ് എങ്ങനെയുണ്ടായി എന്നെല്ലാം ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ഇത് അനന്തമായ ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും ചിന്ത്യാഹ ഇത് അചിന്ത്യങ്ങളാണ് ഈ ഭാവങ്ങൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അതിന്റെ സത്യാസത്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പോയാൽ അത് അതാണ് അനവസ്ഥാ ദോഷമെന്നും പറയും ഒരിക്കലും നിർണയത്തിലെത്താൻ ഒക്കത്തില്ല ശരി ഇനി ഞാനൊരു നിർണയത്തിലെത്തിയെന്നിരിക്കട്ടെ അതും മറ്റൊരാളിനെ സമാധാനപ്പെടുത്തത്തില്ല അങ്ങനെ പോകും അതിനാത്യന്തികമായൊരു സമാധാനമില്ല എന്നാണ് കാരണം നേരത്തന്നെ പറഞ്ഞല്ലോ ഇതിൽ കാര്യകാരണഭാവമില്ല ജന്യജനകത്വമില്ല ഇത് അസത്താണ് അസത്തിനങ്ങനെയാ ചിന്തയ്ക്ക് അവസാനം ഉണ്ടാകുന്നത് ഇല്ല നമ്മൾ സ്വപ്നത്തിൽ ഗവേഷണം നടത്തിയാൽ അത് അവസാനിക്കണമെങ്കിൽ സ്വപ്നം അവസാനിക്കണം അല്ലാതെ അവിടുത്തെ ഒരു പരിപാടികളും അവസാനിക്കത്തില്ല സ്വപ്നം അവസാനിക്കുന്നത് വരെ എല്ലാം തുടർന്നുകൊണ്ടേയിരിക്കും അനന്തകാലങ്ങളിൽ അത് തുടർന്നുകൊണ്ടിരിക്കും ആ സ്വപ്നം അവസാനിക്കുമ്പോൾ എല്ലാം അവസാനിക്കുന്നു അതുപോലെയാണ് ഇവിടെ സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്താണ് ഇവിടെ ആധ്യാത്മിക ശാസ്ത്രത്തിൽ ഭൗതികമായ പദാർത്ഥങ്ങളുടെ സ്വഭാവങ്ങളെക്കുറിച്ചോ വിശേഷതകളെ കുറിച്ചോ ഒന്നും പഠിപ്പിക്കുന്നില്ല ആത്മീയതയ്ക്ക് വേണ്ടി പഠിപ്പിക്കുന്നില്ല ഭൗതികമായ കാര്യങ്ങൾ എന്തൊക്കെ ഉപയോഗിക്കണമെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കാം ഭൗതികമായ തലത്തിൽ അതിനെ പഠിക്കാം ഭൗതികമായതിനൊക്കെ ഉപയോഗിക്കാം അതിൻ്റെ ഗുണവും ദോഷവും അനുഭവിക്കാം പക്ഷെ ആധ്യാത്മികമായ തലത്തിൽ അതൊരു പഠന വിഷയമേ അല്ല അതിനെ കുറിച്ചൊന്നേ പറയാനുള്ളു എന്താണ് അചിന്തിയ ചിലടത്ത് പറയും അനുവചനീയെന്ന് പറയുന്നത് തന്നെയാണ് മായയുടെ ലക്ഷണവും പറയുന്നത് അവിദ്യയെ കുറിച്ച് പറയുന്നു അതേ തന്നെ അനുവചനീയ പ്രപഞ്ചത്തെ കുറിച്ച് പറയുന്നു അതേ തന്നെ അനുവചനീയ അതുകൊണ്ട് ആധ്യാത്മികമായി ചിന്തിക്കുന്നവർക്ക് ഈ വസ്തുക്കളുടെ രഹസ്യം എന്താണെന്ന് അറിയുന്നതിനുള്ള ജിജ്ഞാസ ശ്രമിക്കും കാരണം അത് അനന്തമാണോ ആ ജിജ്ഞാസ അനന്തമാണോ എന്ന് ബോധ്യപ്പെടുന്നുണ്ട് യഥാ സദൈവ അതെന്നും എന്നെല്ലാം ചിന്തയ്ക്ക് വിഷയമായിരിക്കുമോ അന്നല്ലാതെ അതിന്തിന്യം തന്നെയായിരിക്കും ഇതാണ് പരമാർത്ഥം അതുകൊണ്ട് ഇത് എന്താണ് കേവലം വിജ്ഞാനത്തിന്റെ പ്രതീതിയാണ് യഥാസത് സു ജ്വാദ്യാഭാസേഷു ഊജ്വാദിബുദ്ധി ദൃഷ്ട അലാധ മാത്രേ പ്രപഞ്ചത്തിന്റെ സ്ഥിതി ഇങ്ങനെയാണ് അസസ് ഋജ്വാദ്യാഭാസേഷു അവിടെ കാണുന്ന ഈ നാന ആകാരങ്ങൾ അലാദത്തിൽ കാണുന്ന പരമാർത്ഥത്തിലുള്ള അത് അസത്താണല്ലോ അഗ്നിഗണത്തിൽ നിന്ന് വേറിട്ടല്ല അവിടെ അസത്വം ഋജ്വാദിബുദ്ധി എന്നാലും പ്രതീതിയിൽ അത് വാസ്തവത്തിൽ പ്രതീതി നിന്നാൽ മതി പ്രതീതി നിൽക്കുന്നോണ്ട് ദോഷമില്ല പ്രതീതിയിലെ നിൽക്കാവൂ അനാഥ മാത്രേ അവിടെ ശേഷിക്കുന്നെന്താണ് കേവലം ഒരു അഗ്നിപുഞ്ചം അത് മാത്രമാണ് അവിടെ ശേഷിക്കുക തഥാ അസൈവ ജാത്യാദിഷു വിജ്ഞാനമാത്രേ ജാത്യാദിബുദ്ധർ നിശ്ചയവേദി സമുദായം ഇതിലൂടെ പറഞ്ഞുവന്ന അതിന്റെ താല്പര്യം പറയുകയാണ് ഭക്ഷുകാരൻ ഈ പറയുന്ന കാര്യയുടെയും അടുത്തു വരുന്ന കാര്യയുടെയും കൂടെ ചേർത്ത് പറയുകയാണ് അസസൈവ ജാത്യാദിഷം ഇവിടെ നിരന്തരമായി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജന്മസ്ഥിതി ഭംഗങ്ങൾ അതിൽ നിന്ന് നാനാകാരങ്ങൾ ദൃഢമായ പ്രപഞ്ചീതി ആഭാസമാണെന്ന് ഒരിക്കലും ബോധിക്കാൻ കഴിയാത്ത രീതിയിൽ ദൃഢമായ സത്യബോധത്തോടുകൂടി നിലനിൽക്കുന്ന ഈ പ്രപഞ്ചപ്രതീതി എന്താണ് വിജ്ഞാനമാത്രേ കേവലമായ വിജ്ഞാനം മാത്രമാണ് ഏകമായ വിജ്ഞാനമാണ് അതിലുള്ള മൃഷയവ കേവലമായ അച്ചുത്താണോ അസത്താണോ അത് അസത്താണെന്ന് ബുദ്ധിയൊണ്ട് ബോധ്യപ്പെട്ടാലും പോലെ അത് അസത്തായി തന്നെ പ്രതീതമാകണം എങ്ങനെയാണോ വിജ്ഞാനത്തിൽ പ്രപഞ്ചം സത്തായി പ്രതീതമായി കൊണ്ടിരിക്കുന്നത് അതാരും പ്രത്യേകിച്ച് ബോധിപ്പിക്കേണ്ട കാര്യമില്ല അതുപോലെ ഇത് വിജ്ഞാനത്തിൽ അസത്തായി പ്രതീതമാകണം ഉറപ്പിക്കുന്നതാണ് വാസ്തവത്തിൽ വിജ്ഞാനമല്ലാതെ മറ്റൊന്നും ഇവിടെ സത്യമായി പ്രതീതമാകുന്നുമില്ല ഏതെങ്കിലും സത്യമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ തോന്നൽ വിജ്ഞാനത്തിലാണ് വസ്തുവിൽ സത്യമെന്ന് നമ്മളറിയുന്നത് എന്താണ് അറിവിനെയാണ് അറിയുന്നത് അറിവുകൊണ്ടാണ് വസ്തുവിൽ സത്യത്തെ കാണുന്നത് അത് അറിവിന്റെ തന്നെ സത്യത്വമാണ് അതുകൊണ്ടാണ് അറിവിൽ അറിവ് വസ്തുവിൽ സത്യത്വത്തെ ആരോപിക്കുന്നു എന്ന് പറയുന്നത് ഭ്രാന്തിയിലും ആ ഭ്രാന്തിയിൽ നിന്നും മുക്തമാകുന്നത് അനുസ്യതമായിരിക്കുന്ന വിജ്ഞാനമാണ് മറ്റുള്ളതെല്ലാം അസത്താണ് മൃഷ വൈവ അതാണ് ഇതിൻ്റെ താല്പര്യം അടുത്തുവരുന്ന കാര്യങ്ങളുടെയും താല്പര്യം ഇത് തന്നെയാണെന്ന് പക്ഷികാലം പറയുന്നു അതുകൊണ്ട് അചിന്ത്യമായിരിക്കുന്നത് കൊണ്ട് മൃഷ അസത്താണോ എന്നാണ് പറയുന്നതിന്റെ താൽപ്പര്യം വിജ്ഞാനേ സ്മാനേ വൈ നാസാനുവാ നശന്തി നൃഗദാസ്തേ വിജ്ഞാ ണതചിന്ത സ ദൈവത്തെ ആലാദത്തിൽ പറഞ്ഞതുലെന്ന് പറയുന്നു ഇത് നിർഗത വിജ്ഞാന വിജ്ഞാനാ ഇത് വിജ്ഞാനത്തിൽ നിന്നും പ്രകടമായതല്ല എന്തുകൊണ്ട് ദ്രവ്യത്വ അഭാവയോഗത അതിനൊരു ഉണ്മയില്ല സത്യത്വമില്ല സ്വപ്നത്തിന് എന്തെങ്കിലും വിജ്ഞാനത്തിനൊന്നും പ്രകടമായി ഇല്ല കേവലം വിജ്ഞാനം മാത്രമാണ് ഉണ്ടായിരുന്നത് സത്യമായൊന്നും പ്രകടമായില്ല എന്നും ദൃഢമായ അനുഭവം വരുന്നു അതിലൊന്ന് മോചിക്കുന്നു അത്തരം ഒരു അനുഭവത്തെ വച്ചുകൊണ്ടുകൂടെ പറയാണ് വിജ്ഞാനത്തിൽ നിന്നും ഇത് വന്നതല്ല സത്യമായി വെളിപ്പെട്ട് വന്നല്ല ഇവയ്ക്ക് തമ്മിലൊരു ബന്ധവുമില്ല വിജ്ഞാനത്തിനും വിജ്ഞാനത്തിൽ കാണുന്ന ഈ പ്രതീതിക്കും തമ്മിലും കാര്യകാരണഭാവമില്ല നേരത്തെ പറഞ്ഞെന്നാണ് പുറമേ കാണുന്നവയ്ക്ക് പരസ്പരം കാര്യ കാരണഭാവമില്ല എന്നാണ് പറഞ്ഞത് ഇതിനും കാര്യകാരണഭാവമില്ല എന്തുകൊണ്ട് സ്വപ്നത്തിൽ ആ വിജ്ഞാനത്തിൽ വസ്തുക്കൾ ഉണ്ടായെങ്കിൽ പറയാം ആ വിജ്ഞാനം കാരണമായിരുന്നു വസ്തുക്കൾ കാര്യമാണ് വേറിട്ടൊന്നും ഉണ്ടായില്ലോ പുതുതായിട്ട് അവിടെയൊന്നും ഉണ്ടായിട്ടില്ല കണ്ണാടിയിലെ പ്രതിബിംബത്തിന് നമ്മൾ സാറിന് പറയും കണ്ണാടി കാരണമാണ് ഒരിക്കലും കണ്ണാടി കാരണമല്ല എന്തുകൊണ്ട് കണ്ണാടിക്ക് നമ്മളൊരു വസ്തുത്വം കല്പിക്കുന്നുണ്ട് അതിൽ കാണുന്ന പ്രതിബിംബത്തിന് എന്താണ് വസ്തുത്വമുള്ളത് അതൊരു വസ്തുവാണ് വസ്തുവല്ല ഒരു വസ്തുവല്ലാന്ന് പറയുകയും അതിന് കണ്ണാടി കാരണമാണെന്ന് പറയുകയും ചെയ്യുന്നതെന്ന് പറയണം അതിന്റെ അവസ്ഥത്വം നമുക്ക് ബോധ്യപ്പെടും വസ്തുവല്ല അതാ വസ്തുവല്ലെങ്കിൽ പിന്നെന്താ അവിടെ കാരണം നമ്മളവിടെ ധരിക്കുന്ന എന്താണ് അവിടെ എന്തോ കാര്യം ഉണ്ടായി എങ്ങനെ കണ്ണാടിയിൽ നിന്നും വേറിട്ട് ഒരു കാര്യമായ ഒന്നുണ്ടായി അതിന് കാരണമായി കണ്ണാടി കല്പിക്കുന്നു കണ്ണാടിയിൽ നിന്നും വേറിട്ടവിടെ ഒരു കാര്യമേ ഉണ്ടായിട്ടില്ല ഉണ്ടായെങ്കിൽ നമുക്ക് പറയാം എന്താണ് അത് കാരണമാണ് എന്നാലും എല്ലാം കൽപ്പിക്കുന്നു കണ്ണാടി അതിലെ പ്രതിബിംബം കണ്ണാടി കാരണമാണ് പ്രതിബിംബം കാര്യമാണ് ഇങ്ങനെയാണ് നമ്മൾ പറയുന്നു അവസ്ഥ ഒന്നിനെ കാര്യമായി കാണുന്നു അതിനൊരു കാരണത്തെയും കൽപ്പിക്കുന്നു എന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നു അവിടെ ഒരു പ്രതീതിയുണ്ട് ശരിയാണ് പ്രതിബിംബ പ്രതീതി ഉണ്ട് പ്രതിബിംബ പ്രതീതി അല്ലെന്നല്ല പറയുന്നു ആ പ്രതിബിംബ പ്രതീതിയെ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ എന്തൊക്കെ കൽപ്പിച്ചോ ആ കല്പനകളെല്ലാം അസംബന്ധമാണോ പിന്നെന്താ പ്രതീതി അചിന്തി അചിന്യമാണോ സത്യമാണോ അല്ല എന്നാ അസത്യമാണോ അല്ല അങ്ങനെ തീരുമാനിക്കാൻ വയ്യ അതാണ് ബിംബത്തിന്റെ സ്ഥിതി പ്രതിബിംബത്തിന്റെ സ്ഥിതി അതാണ് അതുപോലെ എന്താണ് കാര്യകാരണതാ ഭാവ ഇതിൽ കാര്യകാരണഭാവത്തെ കൽപ്പിക്കാൻ വയ്യ വിജ്ഞാനം കാരണമാണോ അതിൻ്റെ കാണുന്ന ആഭാസം അതതിന്റെ കാര്യമാണെന്നൊന്നും പറയാൻ വയ്യ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കാര്യകാരണഭാവത്തെ പ്രതിബിംബത്തിനുറപ്പിക്കും സ്ഥൂലമായ ബുദ്ധിയിൽ നമ്മൾ പറയും ആകാശത്ത് സൂര്യൻ നിൽക്കുന്നു ജലത്തിൽ പ്രതിബിംബം ഉണ്ടായി ഈ പ്രതിബിംബത്തിന് കാരണമാണ് സൂര്യൻ എന്നൊക്കെ പറയും അതുപോലെ ഈ പ്രതീതിക്ക് നമ്മൾ കാരണം വേണമെങ്കിൽ പറയാം ഈ വിജ്ഞാനം ഈ വിജ്ഞാനത്തിൽ ഉണ്ടായി ഒരു കാരണമില്ലാത്ത കാര്യം ഉണ്ടാകത്തില്ല എന്നെല്ലാം പറയാം പക്ഷേ ആ സത്യത്തോടുക വിജ്ഞാനത്തോടുക എന്താണോ സ്വപ്നത്തിൽ കാര്യകാരണഭാവമില്ല സ്വപ്നത്തിൽ വിജ്ഞാനത്തിൽ നിന്ന് ആനയും കുതിരയൊന്നും ഉണ്ടായില്ല കേവലം പ്രതീതി മാത്രമാണ് അപ്പൊ കേവല പ്രതീതിയെ ഒരിക്കലും നമുക്കൊരു കാരണത്തോട് ഘടിപ്പിക്കാൻ പറ്റത്തില്ല അല്ല ഒരിക്കലും ഒരു കാര്യമായും എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഈ പ്രതീതിക്ക് വിജ്ഞാനം കാരണമല്ല വിജ്ഞാനത്തിൽ നിന്ന് സത്തായ ഒരു കാര്യവും സംഭവിക്കാത്തല്ല പക്ഷെ അങ്ങനെ പറഞ്ഞാലും വീണ്ടും നമ്മളിവിടത്തില്ല പിന്നെ എന്തുകൊണ്ടിത് കാണുന്നു എന്തുകൊണ്ട് അനുഭവപ്പെടുന്നു എന്തുകൊണ്ടിതിൽ സത്യത്വ ബുദ്ധി വന്നു എന്തുകൊണ്ടിത് സ്ഥൂലമായും ദൃഢമായും നിരന്തരമായും അനുഭവപ്പെടുന്നു അച്ചിന്ത്യ അചിന്യമാണ് ഏതുപോലെ അചിന്തി രീക്ഷികയിലെ ജലത്തെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുന്നതുപോലെ അതിൽ നിന്ന് മനസ്സിലാക്കാൻ ഒന്നേ അത് അചിന്യമാണെന്ന് അനപ്പുറം അതിനെ കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ അതെവിടത്തും നീക്കും വ്യാകരത്തിലിരുന്നുകൊണ്ട് സ്വപ്നത്തിലെ വസ്തുക്കളെ കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചാൽ ചിന്തിക്കാൻ ശ്രമിച്ചാൽ അത് എവിടെ ചെന്ന് നീക്കും യുന്നു നിങ്ങളിതിനെ സത്യമെന്ന് ധരിച്ചാലും ശരി അസത്യം ഒന്ന് ധരിച്ചാലും ശരി ഇതെന്റെങ്കിലും കാര്യമാണെന്നോ കാരണമാണെന്നോ എന്തൊക്കെ ധരിച്ചാലും ശരി ഇതെന്താണ് സദാ യുവ നിങ്ങളെ അജ്ഞനാണോ ജ്ഞാനിയാണോ എന്നുള്ളതൊന്നും വിഷയം സദാ ഈ വിജ്ഞാനത്തിൽ കാലദേശ ഭ്രാന്തി ഈ പ്രതീതി ുമ്പോ എന്ന് പറയുന്നതും കാലത്തെ ആശ്രയിച്ചിട്ടാണ് അപ്പോ സദാ അതാണ് സദാ എന്ന് പറയുന്നത് ഇത് അജന്യമായി തന്നെ ഇരിക്കും അതുകൊണ്ട് ബാഹ്യമായതിന്റെ സത്യത്തെ അറിയണം അറിഞ്ഞേ തീരു എന്ന് വാശി പിടിച്ചിട്ട് കാര്യമില്ല പിന്നെ വിജ്ഞാനസ്പന്ദനമായി മാത്രമേ അറിയേണ്ടതായിട്ടുള്ളൂ അതാണ് സദൈവത്തെ അചിന്യാ ഇത് സദാചിന്യമാണ് എന്തെങ്കിലും മനസ്സിലാക്കുക എന്നാണ് നൃഗദാസ്തേ വിജ്ഞാന ദ്രവ്യത്വഭാവയോഗത കാര്യകാരണതാഭാവാത്തോചിന്ത്യ സദൈവത്തെ